അങ്ങനെ അവളുടെ കൺകുളിർമ്മയ്ക്കും ദുഃഖം നീങ്ങുന്നതിനും അള്ളാഹു സുബഹാനഹുവറ്റായാലയുടെ വാഗ്ദാനം സത്യമാണെന്ന് അവൾ അറിയുന്നതിനുമായി നാം അവനെ അവൻറെ മാതാവിന്റെ അടുക്കലേക്ക് തിരിച്ചെത്തിച്ചു എന്നാൽ അവരിൽ ഭൂരിഭാഗവും അതറിയുന്നില്ല